സേവായം മയാ യോഗ सिमे മേ സഖാ ചേരം ഹ്യേതുത്തമം ഇത് രഹസ്യമാണെന്നാണ് ഈ യോഗം ഭഗവാൻ പറഞ്ഞ ഇത് രഹസ്യമാണ് എന്തുകൊണ്ട് രഹസ്യം എന്ന് വെച്ചാൽ ഇത് വായുകൊണ്ട് പറഞ്ഞ് അറിയിക്കാവുന്നതല്ല ഇവിടെ ആന്തരികം സ്വസംവേദ്യം മാത്രമാണ് ഇതിന് ബാഹ്യമായ പ്രയോജനങ്ങൾ ഒന്നുമില്ല ഉത്തമം രഹസ്യം എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഈ രഹസ്യം എന്തുകൊണ്ട് രഹസ്യം അത് ഇറ്റ് ഹാസ് ഹെൽപ്ഡ് മെനി ടു ക്രോസ് എത്രയോ പേരെ സംസാര ചെയ്യാൻ സഹായിച്ചത് കൊണ്ടാണ് അത് ഉത്തമരഹസ്യം എന്ന് ഭഗവാൻ പറഞ്ഞത് അത് പരമ്പരയായി കൈമാറപ്പെട്ടതും എത്രയോ പേർക്ക് ആന്തരികമായി സഹായിച്ച അവർക്ക് വഴി കാണിച്ചതുമാണ് ഈ യോഗം രഹസ്യം ഹി ഏതുത്തമം എന്തിനു വേണ്ടി പറയുന്നു ആ യോഗത്തിനെപ്പം അർജുനന് ഭക്തോസി നീ എന്റെ ഭക്തനാണ് അതുകൊണ്ട് എന്നുവെച്ചാൽ ഭക്തന് മാത്രമേ ഇത് കൈമാറാൻ പറ്റുള്ളൂ ഭക്തനും ഈ കൊടുക്കുന്ന ആൾക്കും ഒരു സംബന്ധം ഏർപ്പെട്ടതുകൊണ്ട് സഹജമായി ഈ രഹസ്യം കൈമാറപ്പെടുന്നു പറയുന്ന വാക്കിനും വാക്കിനു പുറകിലുള്ള ചിത് ശക്തി സ്ഫോടം അഥവാ ധ്വനി അതിനും വ്യത്യാസമുണ്ട് അതാണ് പറയണത് നമ്മളുടെ പരമ്പരയിൽ എപ്പോഴും ജ്ഞാനികളിലൂടെ ഇത് വരണം എന്ന് പറയാൻ കാരണം പറയുന്ന വാക്കിനു പുറകിൽ മറ്റൊരു ശക്തിയുണ്ട് ആ ശക്തിക്ക് പേരാണ് സ്ഫോടം അതാണ് ഇവിടെ ഭഗവാൻ രഹസ്യമെന്നും പറയണത് അല്ലെങ്കിൽ ഈ ശബ്ദമൊക്കെ ഒന്ന് തന്നെ ടേപ്പ് നമുക്ക് കിട്ടും ഒരേ കാര്യം ഒരാൾ പറഞ്ഞത് ബൈഹാർട്ട് ചെയ്ത് പറയുക ഒരാൾക്ക് പറയാം ഒന്നും വ്യത്യാസമല്ല പക്ഷെ അതിൽ സ്ഫോടം ഉണ്ടാവില്ല ധ്വനി ഉണ്ടാവില്ല അതിന് പുറകിൽ സ്ഫോടം എന്നൊരു ശക്തി ഉണ്ട് ആ ശക്തിയാണ് കേൾക്കുന്ന ആളുകളുടെ ഉള്ളിൽ അപ്പത്തന്നെ പ്രവർത്തിക്കുകയും അവർക്ക് ഈ ഭാഷയെ അറിയില്ലെങ്കിൽ പോലും അവർക്ക് ചില അനുഭവങ്ങളെ കൊടുക്കുകയും ചെയ്യാം ഭാഷയൊന്നും വേണ്ട അവിടെ ആ തന്നെ ശക്തി ഉണ്ട് ആ ശബ്ദം തന്നെ ശക്തിമത്താണ് ആ അർത്ഥത്തിലാണ് നമ്മൾ വേദം എന്ന് പറയുന്നത് അല്ലാതെ വേദത്തിന് അർത്ഥമൊന്നുമല്ല വേദത്തിൽ അർത്ഥമുള്ള ഒരു ഭാഗമുണ്ട് അർത്ഥമില്ലാത്ത ഭാഗവും ഉണ്ട് വേദത്തിൽ ചില മന്ത്രങ്ങൾക്കൊന്നും അർത്ഥമേയില്ല വേദത്തിൽ നിരർത്ഥകാഹ മന്ത്രാഹ ശബ്ദം മാത്രമാണ് ചില മന്ത്രങ്ങൾക്കൊക്കെ വേദത്തിൽ ശബ്ദ പ്രാമുഖ്യം മാത്രമാണ് അവിടെ അർത്ഥത്തിന് യാതൊരു പ്രാമുഖ്യവും ഇല്ല എന്ന് തന്നെ പറയട്ടെ അർത്ഥമേ ആ ശബ്ദം കേട്ടാ മതി അതുകൊണ്ടാണ് ആ സ്വരത്തിന് എത്രയൊക്കെ പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് അതും ബാഹ്യ സ്വരം മാത്രം പോരാ ആ മന്ത്രം പറയുന്ന ആളുടെ നാടീ നരമ്പുകളിലും അകമേക്കും കലർന്നു നിന്ന് അയാൾ സ്വയം മന്ത്രമായി മാറിയിട്ട് വേണം പറയാൻ അപ്പോഴേ അത് ശബ്ദം ധ്വനിയാവുകയുള്ളൂ അപ്പൊ ആ സ്ഫോടം ഭക്തനായാലേ പ്രവർത്തിക്കുകയുള്ളൂ ഭക്തനെ അതിന് മർമ്മം കിട്ടുകയുള്ളൂ ഭക്തന് അതിന്റെ മർമ്മം കിട്ടുകയും ആ ധ്വനി ഇവരിലേക്ക് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതീ വ്യക്തിക്ക് എത്ര കണ്ട് അതിന്റെ അനുഭവമുണ്ടോ അത്ര കണ്ട് ഈ കേൾക്കുന്ന ആളുകളുടെ ഭക്തിയും കൂട്ടുനിന്നാൽ വലിയ മെനക്കെടൊന്നും കൂടെ അനുഭൂതി ഉണ്ടാവും अदान भगवान भक्त सखा चेती नी ए सखावा सखाच सदा कूट भगवानेंश्रोको सख्यभक्ति अर्जुन सख्यभक्त भगवा चल भक्तन्को भगवा सख्यभक्ति फ्र कूड़े भगवान कूड़ों अर्जुन ने सख्यभक्ति ശൈവത്തിൽ സുന്ദരമൂർത്തിസ്വാമികൾക്ക് ശിവനോട് സഖ്യഭക്തിയാണ് എപ്പോഴും കൂടമുണ്ട് അതുകൊണ്ട് ഭഗവാനോട് ഷണ്ട കൂടും എന്ത് വേണമെങ്കിലും ഭഗവാനോട് ചോദിക്കും നമ്മൾ ലൗകികമെന്ന് വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ പോലും ഭഗവാനോട് ചോദിക്കും ഭഗവാൻ ഒരു കല്യാണം മുടക്കി സുന്ദരമൂർത്തിസ്വാമികൾ കല്യാണം കഴിക്കാൻ നിന്നപ്പോഴാണ് ഭഗവാൻ വന്ന് പിടിച്ചെടുത്തത് അതും ഇന്ന് രാവിലെ പറഞ്ഞ പോലെ ആ കൃപയാണോ കൃപ പിടിച്ചെടുക്കുകയാണ് അദ്ദേഹം വിവാഹം കഴിക്കാൻ നിക്കുമ്പോ പൂർവ്വജന്മത്തിൽ അദ്ദേഹം ഭഗവാന്റെ ഭക്തനായിരുന്നു അപ്പൊ ഭഗവാനോട് പറഞ്ഞു അടുത്ത് എനിക്ക് എന്തായാലും ഒരു ജന്മം ഉണ്ടോ ഒരു ആഗ്രഹം കാരണം അദ്ദേഹത്തിന് പൂർവ്വജന്മത്തിൽ രണ്ട് സ്ത്രീകളോട് ആഗ്രഹം വരികയും അവരെ വിവാഹം കഴിക്കാൻ വേണ്ടി ജനിക്കുകയും ചെയ്തു അത്ര സുന്ദരമൂർത്തിയായിട്ട് അങ്ങനെയാണ് കഥ അപ്പൊ ഭഗവാനോട് പറഞ്ഞു അടുത്ത ജന്മം ഞാൻ അങ്ങേ മറന്നുപോയതുകൊണ്ട് ജനിക്കും പക്ഷെ ഞാനങ്ങേ മറന്നാലും അങ്ങനെ മറക്കരുത് പിടിച്ചെടുക്കണം ആ ജന്മത്തിൽ ഒരു രാജാവ് അദ്ദേഹത്തിനെടുത്ത് വളർത്തുകയും കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകുമ്പോഴാണ് കല്യാണത്തിന് ഏർപ്പാടൊക്കെ ആയി കല്യാണ പന്തലില് ഈ വൃദ്ധൻ വടിയും കൂത്തി ഇങ്ങനെ വരും എന്നിട്ട് പറഞ്ഞു വിവാഹമൊക്കെ നിൽക്കട്ടെ എനിക്ക് ഇയാൾക്ക് തമ്മിൽ പഴയ ചില കടമൊക്കെ തീർക്കാനുണ്ട് അത് കല്യാണം കഴിക്കാം എന്നെ ഞാൻ കണ്ടിട്ടേ ഭ്രാന്തൻ പിത്തൻ പിത്തനെന്ന് തെരുമോല്ലയോ പൈത്യം ൈത്യം ഭ്രാന്ത് ഭ്രാന്തൻ എന്ന് വിളിച്ചു അപ്പൊ നീ എന്തു വേണമെങ്കിലും വിളിച്ചോ പക്ഷെ നിനക്കൊന്നും അറിയില്ല നിനക്കും നിന്റെ മുത്തശ്ശനും മുതൽ കൊണ്ട് എനിക്കറിയാം ചില കണക്ക് തീർക്കാനുണ്ട് അത് തീർത്തിട്ട് കല്യാണം കഴിക്കാം എന്താ കണക്ക് ഇതാ എന്റെ ഈ ഓലയില് ഈ അലാലസുന്ദരന്റെ മുത്തശ്ശൻ എനിക്ക് എഴുതി തന്നിണ്ട് എന്റെ പരമ്പരയിൽ വരുന്നവരൊക്കെ തിരുവണ്ണൈനല്ലൂർ പിത്തൻ നീ ചൊന്ന പേരേനാ വെച്ചക്കറേ നീ എന്ന ഭ്രാന്തെന്ന് വിളിച്ചല്ലേ ഈ ഭ്രാന്തന് അടിമയാണ് എന്ന് എഴുതി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവനെന്റെ അടിമയാണ് ഒരു ബ്രാഹ്മണൻ മറ്റൊരു ബ്രാഹ്മണന് അടിമയാവുക എന്നുള്ള കഥയൊന്നും ഇവരടുത്തുമില്ല ഇയാൾ എന്തോ പൊലമ്പാണ് ജൽപ്പനം ചെയ്യുകയാണെന്നോ ആരും സമ്മതിച്ചില്ല ഈ ലഹള തുടങ്ങി വൃദ്ധൻ കല്യാണ പന്തലില് പിടിച്ചു വിവാഹം കഴിക്കാൻ ഇതാ എന്റെ കയ്യില് അതോറിറ്റി ഉണ്ടെന്ന് കാണിച്ചു അപ്പോ എല്ലാ ജീവനും ഈശ്വരന്റെ അടുത്ത് നിത്യസംബന്ധമുണ്ട് ആ നിത്യസംബന്ധം ഉള്ളത് തന്നെ നമുക്ക് ലോകത്തിൽ ആഗ്രഹം എത്ര കണ്ടുകൊണ്ടോ അത്ര കൊണ്ട് ഈശ്വര കാര്യങ്ങളോട് ഭയം ഉണ്ടാവും വെച്ചാൽ അത് ഉള്ളിൽ വന്നാൽ നമ്മളുടെ ലോക ജീവിതമൊക്കെ പോയി പോകുവോന്നൊരു പേടിയുണ്ടാവും സത്സംഗത്തിലൊക്കെ വരുമ്പോ ഇതൊക്കെ ശരി പക്ഷെ ഇതൊന്നും ഇപ്പൊ ശരിയാവില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടും പലപ്പോഴും എന്തിനും അല്ലെങ്കിൽ ഭക്തന്മാരെയൊക്കെ നിന്ദിക്കും അവരൊക്കെ അവരുടെ ഒക്കെ ജീവിതം എനിക്കറിയില്ലേ എന്നൊക്കെ പറയും എന്താ എങ്ങനെയെങ്കിലും എനിക്ക് അങ്ങോട്ട് പോവാതിരിക്കണം അതിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ നീക്കം ചെയ്ത് ഞാൻ രക്ഷപ്പെടാൻ നോക്കും ഈ ജീവൻ രക്ഷപ്പെടാൻ നോക്കും അതിന്റെ ഒരു ഭാഗമാണ് ഈ ഓല കാണിച്ചതും ചാടി ആ ഓല പിടി പിടിച്ചെടുത്ത് വലിച്ചു ചിന്തി തീയിലിട്ടു സുന്ദരമൂർത്തി അപ്പോ ഈ വൃദ്ധം ബഹളം കൂട്ടാൻ തുടങ്ങി ഈ ഓല ചീന്തി കളഞ്ഞതുകൊണ്ട് തന്നെ ഇവൻ എന്റെ അടിമയാണെന്ന് തെളിഞ്ഞു ഇവൻ എന്തോ പേടി ഇട്ടാ അല്ലെങ്കിൽ എന്തിനും ചീന്തി കളയണം നിങ്ങൾക്ക് ആർക്കും കാണിച്ചു തരാതെ തന്നെ ചീന്തി കളഞ്ഞു ഇവിടുത്തെ കോർട്ടൊന്നും ഞാൻ സമ്മതിക്കില്ല ഇവിടുത്തെ കോർട്ടൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ അതുകൊണ്ട് എന്റെ നാട്ടിലേക്ക് വരണം എന്ന് അവിടുന്ന് തിരുവണ്ണ നെല്ലൂരിലേക്ക് വലിയൊരു ഗ്രൂപ്പായിട്ട് ആളുകൾ ഈ കല്യാണത്തിന് വന്ന ആളുകൾ പാവം കല്യാണം കഴിക്കാൻ നിൽക്കുകയാണെ ഈ തീരുമാനം കഴിഞ്ഞിട്ട് വേണം കല്ല്യാണം കഴിക്കാൻ കല്യാണ പാർട്ടിയോട് കൂടി തിരുവണ്ണ നെല്ലൂരിലേക്ക് പോയി അവിടെ ഗ്രാമപഞ്ചായത്ത് കൂടി ഗ്രാമപഞ്ചായത്തിന്റെ ആളുകളൊക്കെ ഇരുന്നു ഈ വൃദ്ധൻ ഒരു വശത്ത് വാദത്തിനും സുന്ദരമൂർത്തിസ്വാമികളെ ഒരു വശത്ത് വാദത്തിനും സുന്ദരമൂർത്തിയുടെ പക്ഷത്തിലാണ് എല്ലാരും അത് നോക്കുക ലോകത്തിന്റെ സ്വഭാവം ലോകം മുഴുവൻ ഒരു സൈഡ് ഈ ജീവനെ തൻ്റെ അടുത്തേക്ക് വലിക്കാൻ ഈ ജീവനോ അവരോടാണോ പ്രിയം ഭഗവാന്റെ കൃപ ഒരേ ഒരു സൈഡ് അങ്ങോട്ട് മാറി നിന്നുകൊണ്ടുള്ള വാദമാണ് ഈ വൃദ്ധൻ ബഹളം സഭയിൽ പറഞ്ഞു ഇവൻ എനിക്ക് അടിമയാണ് നിങ്ങളൊക്കെ അവനെ സപ്പോർട്ട് ചെയ്താലും ശരി ഞാൻ ഇവനെ പിടിച്ചുകൊണ്ടുപോകും ഇവൻ എന്റെ അടിമയാണെന്നും എന്റെ മുത്തശ്ശൻ എഴുതി തന്നിണ്ട് അപ്പൊ അലാറ സുന്ദരർ പറയാണ് ഈ വൃദ്ധൻ എന്ത് തെളിവുണ്ടോ എന്ന് ചോദിക്കും അയാളോട് ഈ തെളിവാണല്ലോ ഇവൻ ചിന്തി തീയിലിട്ടത് തെളിവ് പിച്ച് ചീന്തി തീയിലിട്ടില്ലേ അപ്പൊ എന്ത് തെളിവുണ്ടോ എന്ന് ചോദിക്കും അപ്പോ കോർട്ടിലുള്ള പഞ്ചായത്തിലുള്ള അധികാരികൾ ചോദിച്ചു അങ്ങനെ തെളിവ് പലതും കാണിക്കാനുണ്ടോ ഇവൻ നിങ്ങളുടെ അടിമയാണെന്നുള്ളത് തെളിവുണ്ടോ എന്ന് പറഞ്ഞാൽ ആദ്യം എടുപ്പുന്നൊരു ഓല എടുത്തു ചീന്തി കളഞ്ഞതോ ഇവൻ ചീന്തി കളഞ്ഞെനിക്കറിയാം അതുകൊണ്ട് ഇത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതാണ് ഒറിജിനൽ അങ്ങനെ എത്ര ഒറിജിനൽ വേണമെങ്കിൽ വരും അതില് മുദ്രയൊക്കെ ഇവരുടെ മുത്തശ്ശന്റെ മുദ്രയുമൊക്കെ പരീക്ഷിച്ച് തീരുമാനിച്ചിട്ടാണ് സുന്ദരമൂർത്തി അടിമയായിട്ട് പറഞ്ഞേക്കണത് ഭഗവാൻ എങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി തിരുവണ്ണൈനെല്ലൂർ മഹാക്ഷേത്രത്തില് സുന്ദരമൂർത്തിക്ക് ദിവ്യദർശനം കൊടുത്ത് ആൾക്കൊണ്ട് ആൾക്കൊള്ളുക എന്ന് വെച്ചാൽ തൻവശപ്പെടുത്തി മറിഞ്ഞുകളഞ്ഞു എന്നാണ് കഥ തന്റേതാക്കി തീർത്തിട്ട് മറഞ്ഞ് കളഞ്ഞു പൂർവ്വസ്മൃതി ഉണ്ടാക്കിയിട്ട് മറഞ്ഞുകൊളഞ്ഞു പൂർവ്വസ്മൃതി ഉണ്ടായതും ഉന്മാദം പിടിച്ച പോലെ ആയി ഞാനിനി എന്ത് ചെയ്യും കല്യാണക്കോലത്തിലാണ് അതായത് കല്യാണ കല്യാണ എവിടെ ഇരിക്കണോ അന്ത വേഷത്തോടെ ഇരിക്കാറവർ അതാ നിങ്ങൾ നാല് വരുകളെ പാത്താ അവർ മാത്രം കിരീടമെല്ലാം പോയിട്ടുണ്ട് എല്ലാവരുപ്പം രാജകുമാരൻ കല്യാണത്തിന് ഇരിക്കണ പോലെ വേഷത്ത് ഭഗവാൻ പറഞ്ഞു ഇതേ വേഷത്തിൽ ഇരിക്കുക ഇനി മുഴുവൻ ഈ വേഷത്തിൽ തന്നെ ഇരിക്കുക ഇനി എന്നെ പാടുക പാടുക എന്ന് വെച്ചാൽ എന്താ തനിക്കുണ്ടായ ഈ ആനന്ദം ഈ നിത്യസംബന്ധം ലോകം മുഴുവൻ അറിയട്ടെ അപ്പൊ എങ്ങനെ പാടും നീ എന്നെ എങ്ങനെ വിളിച്ചു അങ്ങനെ തന്നെ വിളിക്കൂ വിളിച്ചു പാടൂ പിത്താ പിറച്ചുകൂടിപ്പെമ്മാനെ അരുളാള പിത്താന്ന് ഭ്രാന്തൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ പാട്ട് തുടങ്ങി തില്ലൈവാൾ അന്തണർത്ഥം അടിയാർക്കും അടിയേൻ എല്ലാ ഭക്തന്മാർക്കും ഞാൻ അടിമയിന്ന് പാടിക്കൊണ്ട് സുന്ദരമൂർത്തിയെ ഭഗവാൻ തൻവശപ്പെടുത്തിയ ഒരു കഥയാണത് അനേക കഥകളുണ്ട് ആ സുന്ദരമൂർത്തി സ്വാമികളുടെ ജീവിതത്തിൽ തന്നെ ഇത് സഖ്യഭക്തിയാണ് സഖ്യഭക്തിയാവുമ്പോ ഭഗവാൻ കൂടെ കളിക്കും അർജുനന് എന്തൊക്കെ ചെയ്തു കൊടുത്തു ഭഗവാൻ അല്ലേ എന്തൊക്കെ വേണോ എന്നൊക്കെ പറഞ്ഞോളൂ ഇത്ര കാലം ഗീതോപദേശമൊന്നും ചെയ്ത് ബോരടിപ്പിച്ചില്ല എന്ത് തേരോടിക്കണോ ശരി തേരോടിക്കാൻ രാജസൂയത്തിന് എച്ചിലെടുക്കണോ എച്ചിലെടുക്കാൻ അഗ്രപൂജയ്ക്ക് ഇരുന്നു കൊടുക്കണോ ഇരുന്നു കൊടുക്കാൻ സുഭദ്രയെ കടത്തിക്കൊണ്ട് ശരി സഹായിക്കാൻ എന്തൊക്കെ വേണോ എല്ലാത്തിനും കൂടെ ആ സമയം വന്നപ്പോഴാണ് എപ്പ തളർന്നു ത്വാം പ്രപന്നം പറയുമ്പോൾ ബ്രഹ്മോപദേശം ചെയ്യാം സഖ്യഭക്തിയിൽ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട് പക്ഷെ കുറച്ചൊരു കളി തമാശയായിരിക്കും ഈ സഖ്യഭക്തി സഖാക്കൾ പോലെ സുന്ദരമൂർത്തിയുടെ അടുത്ത് മുഴുവൻ ഭഗവാൻ കളിയാണ് സുന്ദരമൂർത്തി സ്വാമികൾ അവിടുന്ന് നടന്ന ചിദംബരത്തിലേക്ക് പോകുമ്പോ തിരുവാതിക എന്നൊരു ഗ്രാമത്തിലേക്ക് വന്നു അവിടെ അപ്പർ പാടിയ ഗ്രാമമായതുകൊണ്ട് പ്രദക്ഷിണം ചെയ്ത് ഒരു മണ്ഡപത്തിലെ രാത്രി താമസിക്കുമ്പോ ഇതേപോലെ മറ്റൊരു വേഷത്തിലെ ഒരു കഴിവനായിട്ട് വന്നു ഇദ്ദേഹം ഭഗവാനോട് ചോദിക്കുന്നത് എനിക്ക് ദീക്ഷ തരണം എന്നാണ് അദ്ദേഹം ഓൾറെഡി ദീക്ഷിത ഇനീഷിയേറ്റഡ് പക്ഷെ അദ്ദേഹത്തിന് അറിയണില്ല ഭഗവാന്റെ പാദ ദീക്ഷ കിട്ടണം അപ്പൊ ഭഗവാൻ അവിടെ വന്നു കൂടെ പല നാട്ടു വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇരുന്നു സുന്ദരമൂർത്തി സ്വാമികളോ ആ ഭഗവാൻ തന്നെ ആൾക്കൊണ്ട് ആ ഉന്മാദത്തിലാണ് അതുകൊണ്ട് സദാ ഭഗവാൻ നാമജപം ചെയ്തുകൊണ്ടോ ഒക്കെ മറന്നിരിക്കുകയാണ് ഈ വൃദ്ധനാണെങ്കിലോ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അടുത്ത് വന്നിരിക്കുകയാണ് സമ്മതിക്കണേ ഇല്ല ജപിക്കാൻ സമ്മതിക്കണില്ല ധ്യാനിക്കാൻ സമ്മതിക്കണില്ല നാട്ടുവർത്തമാനവും വീട്ടുവർത്തമാനവും ഒക്കെ ചോദിച്ച് അങ്ങനെയുണ്ട് ചിലപ്പോ ചില ആളുകൾ അല്ലേ നമ്മള് ട്രെയിനിലോ മറ്റോ പോകുമ്പോ ഭഗവത്ഗീത വായിക്കണം ധ്യാനിക്കണം എന്ന് പറയുമ്പോ എന്താ ജോലി അടുത്തിടെ എന്താ ജോലി കല്യാണം കഴിഞ്ഞോ എത്ര കുട്ടികളായി തുടങ്ങിക്കളയും പിന്നെ നമ്മുടെ പഴയ സഞ്ജയം തീവണ്ടി ചേത്തന്മാരെന്നാണോ പറയാവര് തീവണ്ടിയിൽ വന്നിരുന്നിട്ട് തുടങ്ങിക്കളയും ഇതുപോലെ ഈ വൃദ്ധൻ അടുത്ത് വന്നിരുന്നിട്ട് ഇദ്ദേഹം ഏതോ ലഹരിയിലിരിക്കുന്നു അദ്ദേഹത്തിനെ പിടിച്ച് നാട്ടുവർത്തമാനം വീട്ടുവർത്തമാനം ഒക്കെ പറഞ്ഞ അവസാനം ബോറടിച്ചു ഈ വൃദ്ധൻ ഭക്തന്മാർക്കും ചിലപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ട് ലൗകികന്മാരെ കണ്ട പിടിക്കില്ല ശരി ഏതോ വയസ്സായ ആളല്ലേ പോട്ടയെന്ന് സുന്ദരമൂർത്തി സമ്മതിച്ചു ഉറങ്ങാനായപ്പോ എനിക്ക് തനിയെ കിടക്കാൻ പേടിയാണ് എൻ്റെ അടുത്ത കിടന്നോളാന്ന് വൃദ്ധ അടുത്തുകിടന്ന് കുറച്ചു കഴിഞ്ഞപ്പോ ഒരു ചവിട്ട് കാലുകൊണ്ട് ചവിട്ട് വേദനിച്ചിട്ട് എഴുന്നേറ്റിട്ട് പതുക്കെ അദ്ദേഹം ഉറങ്ങണന്ന് കണ്ടപ്പോ കൂർക്കം വലിക്കുന്നുണ്ട് പായൊക്കെ ചുരുട്ടി കൊറച്ചു ദൂരത്ത് പോയി കിടന്നു കിടന്ന് കൊറച്ചു കഴിഞ്ഞപ്പോ വൃദ്ധന അടുത്ത് വന്ന് കിടക്കണ്ട പിന്നെ ഇനിയൊരു ചവിട്ട ഇങ്ങനെ മൂന്ന് പാല് പ്രാവശ്യം ചവിട്ടിയപ്പോ പായ ചുരട്ടി മണ്ഡപത്തുനിന്ന് ചവിട്ടിൽ വന്ന് കിടന്നു ചവിട്ടില് വന്ന് കിടന്നപ്പോ വൃദ്ധൻ അവിടെയും വന്നു അവസാനം ദേഷ്യപ്പെട്ടു ചീത്ത വിളിച്ചു വൃദ്ധനെ അപ്പോ വൃദ്ധൻ പറഞ്ഞു എന്നെ ചീത്ത വിളിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ എത്ര വയസ്സായി മുന്നൈ പഴമ്പൊരുക്കും മുന്നൈ പഴമ്പൊരുളേ ഒരുപാട് പഴകിയ വസ്തുവാണ് ഒരുപാട് പഴകിയ ആളാണ് എന്നെ കണ്ട് നിനക്ക് ചീത്ത പറയണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് സുന്ദരമൂർത്തിക്ക് അവിടെ നടരാജ ദർശനം കൊടുത്ത് മറിഞ്ഞുപോയി അങ്ങനെ പാദദീക്ഷ ഇങ്ങനെ ഓരോ ഇതൊക്കെ സഖ്യഭക്തിയുടെ മാധുര്യമാണ് അങ്ങനെ സഖ്യഭക്തി വരുമ്പോ ഭഗവാൻ അപ്പോപ്പോ ദർശനം കൊടുക്കുകയും അപ്പപ്പോ ഭഗവാൻ തന്റെ സാന്നിധ്യം ഈ ഭക്തന് കാണിച്ചു കൊടുക്കുകയും അപ്പോ തൻ്റെ ആ പ്രകാശവലയത്തിലാണ് കൃപാവലയത്തിലാണ് ഈ ഭക്തൻ ഇരിക്കണതെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു മാധുര്യം ഈ സഖ്യഭക്തിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോ എപ്പോ വേണോ അപ്പൊ ഉപദേശം ഭക്തോ സിമേ സഖാ ചേത്തിന്റെ ഭക്തനാണ് എന്റെ സഖാവാണ് അതുകൊണ്ട് ഇത്രയും ഉത്തമ രഹസ്യത്തെ ഐ എം റിവീലിംഗ് ഇറ്റ് ടു യു ഞാൻ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കില്ല എന്താന്ന് വെച്ചാൽ വേറെ ആർക്കും പറഞ്ഞു കൊടുത്താൽ അത്രയൊന്നും പറ്റില്ല ഭക്തന് ഭഗവാന്റെ മേലെ അത്ര കണ്ട് ഹോൾഡും അധികാരവും ഉണ്ട് നമുക്ക് ഞാനും തന്നിട്ടില്ലെങ്കിൽ കേസ് കൊടുക്കാം ഭാഗവതത്തിൽ അങ്ങനെ ഒരു ശ്ലോകമുണ്ട് മുക്തി പദേശ ദാക്ക് എന്നാണ് മുക്തിപഥത്തിന് ദായബാക്കാണെന്നാണ് ദായബാക്ക് എന്ന് വെച്ചാൽ അധികാരി അച്ഛന്റെ സ്വത്ത് എനിക്ക് ഉണ്ട് എന്ന് പറയണ പോലെ തന്നിട്ടില്ലെങ്കിൽ ഭഗവാന് കൊടുക്ക കേസ് കൊടുക്കാന്നാണ് അതുപോലെ സംബന്ധം ഭക്തന് ഭഗവാന്റെ അടുത്ത് അത്ര കണ്ടുണ്ട് സുന്ദരമൂർത്തി സ്വാമികൾക്ക് ഒരു സത്യലംഘനം ചെയ്തതിന് കണ്ണുപോയി കണ്ണു പോയപ്പോ ഭഗവാന്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് എന്തിനാ സത്യലംഘനം ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചപ്പോൾ വാക്കുകൊടുത്തു ഇവിടുന്ന് പോവില്ല പക്ഷേ ഒരാഴ്ചക്ക് മേലെ അവിടെ താമസിക്കാൻ പറ്റില്ല തിരുവാരൂരിൽ സ്വാമിയെ എഴുന്നള്ളത്തു കൊണ്ടുവരുന്ന ഓർമ്മ വന്നതോടുകൂടെ ഈ സത്യവും വിട്ടിട്ട് ആ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടു അപ്പോ സത്യലംഘനം ചെയ്തതിന് കണ്ണുപോയി കാഞ്ചീപുരത്തെത്തിയപ്പോ ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ് സത്യലംഘനം ചെയ്തു എന്ന് പറഞ്ഞാണല്ലോ നീ എനിക്ക് ശിക്ഷ തന്നത് ഈ സത്യം എന്ന് വെച്ചാ എന്താ നീയാണോ സത്യം ഈ ലോക സത്യം ലോകത്തിന് വേണ്ടി നിന്നെ ഉപേക്ഷിക്കുന്നവരാണോ സത്യലംഘനം ചെയ്യണത് അല്ലാതെ നിന്നെ പ്രാപിക്കാൻ വേണ്ടി ലോകത്തിന് ഉപേക്ഷിക്കുന്നവൻ എങ്ങനെ സത്യലംഘനം ചെയ്തവനാകും ലോകത്തിന് വേണ്ടി നിന്നെ ഉപേക്ഷിക്കുന്നവൻ എങ്ങനെ സത്യലംഘനം ചെയ്തവനാകും ലോകത്തിനെ ഉപേക്ഷിച്ച് നിന്നെ സ്വീകരിക്കുകയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ അങ്ങനെ സത്യലംഘനം ചെയ്തവനാകും ഇനിയിപ്പിൽ ചില ദൂഷ്യമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നിന്റെ സഖാവാണ് സഖാവാണ് സഖാവിനോട് ദൂഷ്യം ഉണ്ടെങ്കിൽ സഖാവിനെ തള്ളിക്കളയാൻ പാടില്ല അതിനൊരു ഉദാഹരണവും പറഞ്ഞു ഒരു വലിയ ശാപ്പാട് സദ്യ നടക്കണു സദ്യയിൽ ഒരു വലിയ ടിന് പാത്രത്തിൽ വെള്ളമുണ്ട് അപ്പോൾ ആ പാചകക്കാരൻ വെള്ളത്തിൽ നോക്കിയപ്പോ വെള്ളത്തിൽ എന്തോ കിടക്കുന്നു അപ്പൊ മുഖ്യ പാചകക്കാരനോട് ചോദിച്ചു ഈ വെള്ളത്തിന് എന്ത് ചെയ്യണോ അതിലെന്തോ വീണിട്ടുണ്ട് ആ മുഖ്യ പാചകക്കാരൻ പറഞ്ഞാൽ ആ വെള്ളം തൂത്ത് കളയ അപ്പൊ ഉടനെ ആ കൊ വെള്ളമൊക്കെ ഒഴിച്ചു കളഞ്ഞു അത് കഴിഞ്ഞ് നോക്കുമ്പോ പാലും അത്ര കണ്ട ഉണ്ട് അതിൽ എന്തോ വീണിരിക്കണം അപ്പൊ ചോദിച്ചു എന്ത് ചെയ്യണം ആ എന്താ വീണെന്ന് വെച്ചാൽ അത് എടുത്തു കളഞ്ഞിട്ട് ആ പാലിന് ഇത്തിരി ദർഭയിട്ടിട്ട് എടുത്തോളൂന്ന് വന്നിത്രയും അപ്പൊ വെള്ളത്തിലാണെന്തെങ്കിലും വീണതെന്ന് വെച്ചാൽ വെള്ളം തൂത്ത് കളയാൻ പറഞ്ഞാൽ അതേ ആള് പാലിൽ എന്തോ വീണപ്പോ വീണതിനെ എടുത്തു മാറ്റി ശുദ്ധീകരിച്ച് സ്വീകരിച്ച പോലെ പരമലൗകികനായ ഒരാളെ നീ തള്ളിക്കളഞ്ഞാ പോട്ടെ ഭക്തനായുള്ളവനിൽ എന്തെങ്കിലും ദൂഷ്യമുണ്ടെങ്കിൽ ആ ദൂഷ്യത്തിനെ എടുത്തു കളഞ്ഞാ അവനെ സ്വീകരിക്കണമെന്നല്ലാതെ തള്ളിക്കളയാൻ പാടില്ല നമുക്ക് നമുക്കൊക്കെ എത്ര കണ്ട് വക്കാലത്ത് പറഞ്ഞു തന്നിരിക്കണോ ഭഗവാനോട് പറയാൻ ഇങ്ങനെയൊക്കെ വേണം പറയാൻ ഇങ്ങനെയൊക്കെ വേണം പറയാൻ ഇങ്ങനെയൊക്കെ വേണം ഭക്തി ഭക്തിയുടെ രസം അപ്പോഴാണ് നമുക്ക് ഭക്തിയുടെ ഉന്മാദം ഭക്തിയുടെ രസം നിത്യസംബന്ധ ന്യായീകാരം ഒക്കെ ഉണ്ടാകും അങ്ങനെ ന്യായീകരിച്ചാണ് ഭക്തോസിമേ സഖാചേതി അപ്പൊ ഭഗവാൻ നമുക്ക് ജ്ഞാനം തരാൻ കടപ്പെട്ടിട്ടുള്ള ആളാണ് ഭഗവാൻ നമുക്ക് ആത്മസാക്ഷാത്കാരം തരാൻ കടപ്പെട്ടിട്ടുള്ള അതാണ് ഭഗവാനും പറഞ്ഞാൽ കാര്യത്തിൽ ഞാൻ ചുമതലപ്പെട്ടിരിക്കുകയാണ് ഭക്തോസിമേ സഖാചേതി രഹസ്യം ഉത്തമം രാമായണത്തിൽ ഭഗവാൻ വിഭീഷണനോട് പറഞ്ഞു മിത്രഭാവേന സംപ്രാപ്തം നോഷോയദ്യം ഒരാൾ എനിക്ക് സഖ്യഭാവത്തോടുകൂടെ ഭഗവാനെ ഞാൻ അങ്ങോട്ട് സംബന്ധപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ടുവന്നാൽ അവന് ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ച് അവനിൽ എന്തു ദോഷമുണ്ടെങ്കിലും ആ ദോഷം നീക്കം ചെയ്ത് അവനെ എന്നല്ലാതെ അവനെ തള്ളിക്കളയാൻ പറ്റില്ല സാധകന്മാരിൽ ദോഷം ധാരാളം സാധന ചെയ്യുമ്പോഴും ഭക്തിമാർഗ്ഗത്തിലേക്ക് വരുമ്പോഴും നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടല്ല വരുന്നത് എല്ലാ ദൂഷ്യങ്ങളോടുകൂടിയാണ് വരുന്നത് ആ ദൂഷ്യങ്ങളോടുകൂടെ തന്നെ ഭഗവാൻ്റെ അടുത്ത് പോവുക ആ ദൂഷ്യങ്ങളെയൊക്കെ ഭഗവാൻ അർപ്പിക്കുക ഈ ദൂഷ്യങ്ങളെയൊക്കെ നീക്കി എന്നെ സ്വീകരിക്കണം നീ എന്ന് പറയണമെന്നല്ലാതെ ദൂഷ്യങ്ങളൊക്കെ നീക്കിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞാൽ വരാനേ പറ്റില്ല ദൂഷ്യങ്ങളൊക്കെ ഞാൻ നീക്കിയിട്ട് നീ എന്നെ സ്വീകരിക്കൂ എന്നും പറയാൻ പറ്റില്ല എന്നെ എന്നെ നീക്കാൻ പറ്റില്ല ഈ ദൂഷ്യങ്ങളൊക്കെ നീക്കം ചെയ്ത് നീ തന്നെ എന്നെ സ്വീകരിച്ചു കൊള്ളാം നോക്കിയേ കരുതിയേ പക്കവം ആക്കി നീ ആണ്ട് അരുൾ അരുണാചലാം അഴകാ അക്ഷരമോക്കിയേ ചുർദീക്ഷ തന്നെ എങ്കിയേ ഒരു മൌൽഡിങ് എല്ലാം പണ്ടത്തെ അപ്പൊ എങ്കോ അങ്ങനെ തട്ടി താക്ക് അപ്പൊ ഒരു അടി എല്ലാം കൊടുത്ത് പക്വമാക്കി എന്നെ പക്വം ചെയ്ത് ആണ്ട് അരുൾ എന്നെ അങ് സ്വീകരിച്ച് അങ്ങേടേതാക്കി തീർത്തിട്ട് എനിക്ക് കൃപാവശം ചെയ്യും ചിലന്തി വല കെട്ടുന്ന പോലെ കെട്ടി എന്നെ അതിനകത്ത് പിടിച്ച് സ്വന്തമാക്കി തീർക്കും രക്ഷപ്പെടണം എന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെ ആക്കി തീർക്കുക ഇതാണ് കൃപാസിദ്ധാന്തം എന്ന് പറയുന്നത് ആ കൃപാസിദ്ധാന്തത്തിന് എപ്പോ ഒരു ജീവൻ മനസ്സിലാക്കുന്നുവോ അപ്പൊ അധ്യാത്മ ജീവിതത്തിൽ വളരെ ഉയർന്നു എന്നർത്ഥം എത്രകാല സാധനം ഭജന അനുഷ്ഠാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതൊക്കെ ലോവർ സ്ട്രേറ്റാ ആ കൃപയുടെ മണ്ഡലത്തിലാണ് ജ്ഞാനം ഉണ്ടാവുന്നത് ആ കൃപയുടെ മണ്ഡലത്തിലാണ് ഭഗവാൻ പറയുന്നത് ഭക്തോസിമേ സഖാചേതി നീ എന്റെ ഭക്തനാണ് നീ എന്റെ സഖാവാണ് അതുകൊണ്ട് ഞാൻ നനക്കിതാ അന്ന് പുരാതന കാലത്തിൽ വിവസ്വാൻ ഇത് എന്തുപദേശിച്ചുവോ അതേ ബ്രഹ്മവിദ്യ സേവായം യോഗപ്പെട്ടു കഴിഞ്ഞു രണ്ട് അധ്യായത്തില് ഭക്തോസിമേ സഖാചേതി രഹസ്യം ഹി ഏതുത്തമം ഈ കർമ്മയോഗവും ജ്ഞാനയോഗവും രണ്ട് പറഞ്ഞുവല്ലോ ഇതിനെ രണ്ടിനെയും ഏറ്റവും വലിയ നിധിയായിട്ട് കരുതിക്കൊള്ളും നമുക്കിപ്പോൾ സത്സംഗത്തിൽ ഭഗവത്ഗീത ഇത്ര വർഷം കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായോ മനസ്സിലായിട്ടില്ലയോ എന്നുള്ളതിനു പോലും പ്രാമുഖ്യം കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊള്ളണം കിട്ടിയല്ലോ ഭഗവാൻ ഇതിനുള്ള യോഗ്യത എനിക്കുണ്ട് എന്ന് കരുതിയല്ലോ എനിക്ക് യോഗ്യതയുണ്ടോ യോഗ്യതയില്ലയോ തേടാതുറ്റനൽ തിരുവരുൾ നിധി അല്പം പോലും പരിശ്രമിക്കാതെ ഒരു കൃപാനിധി എനിക്ക് കിട്ടിയല്ലോ ഒരു കൃപ ആ നിധി എനിക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു ഉരുകുന്നത് തന്നെ ഭക്തിയാണ് കിട്ടിയത് എത്ര വലിയ നിധിയാണെന്ന് അറിയണം ഇല്ലെങ്കിൽ കൊണ്ടുപോയി കളഞ്ഞു കളയും നമ്മൾ ഗംഗാതലത്തിന് വേറെ എന്തിനെങ്കിലും ഉപയോഗിച്ച് കളയും അതിലാ ഭക്തി വരണം കിട്ടിയല്ലോ ഭഗവത്ഗീത കിട്ടിയല്ലോ ഇത്ര കേൾക്കാൻ പറ്റിയല്ലോ ഗീത എന്ന് എത്ര കണ്ട് ജീവൻ ഭക്തനും ഭഗവാനെ സദാ കൂടെ കൊണ്ടു നടക്കുന്ന സഖ്യഭക്തി ഉള്ളവനുമായി തീരുന്നു അത്ര ഈ ഗീതാ സിദ്ധാന്തം ബ്രഹ്മവിദ്യയും യോഗശാസ്ത്രവുമായി നമ്മളെ പ്രകാശിക്കും യോഗജ്ഞാന ഐക്യം ഉണ്ടാകുമ്പോഴാണ് അനുഭൂതി ഉണ്ടാവുന്നത് അതാണ് ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ എന്ന് പറയുന്നത് അവിടെ യോഗജ്ഞാന ഐക്യമാണ് യോഗവും ജ്ഞാനവും ചേരുകയാണ് യോഗം തന്നെ ജ്ഞാനമാവുകയാണ് ജ്ഞാനം തന്നെ യോഗമാവുകയാണ് ആ ജ്ഞാന അനുഭവം കൊടുക്കാൻ അത് തയ്യാറാവുകയാണ് അത്രയും പറഞ്ഞ് ഭഗവാൻ പറഞ്ഞപ്പോ അർജുനന് പ്രാകൃതമായ ഒരു സന്ദേശ് സന്ദേഹം സംശയം അർജുനൻ ചോദിക്കുക നമ്മളെ പോലെ ഒരു സന്ദേഹം നമുക്ക് വേണ്ടി ചോദിക്കാം എന്താന്ന് വെച്ചാൽ കൃഷ്ണൻ ശരീരത്തിൽ നിന്നുകൊണ്ട് തേരുത്തട്ടിൽ ഇരുന്നുകൊണ്ടാണ് അർജുനനോട് പറഞ്ഞ ഞാൻ സൂര്യൻ ഉപദേശിച്ചു ഈ ഒരു പോയിന്റാണ് ഈ അവതാരം എടുത്ത് ഭഗവാൻ വരുമ്പോൾ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് രൂപമോ വളരെ ചെറുതാണ് പക്ഷെ ഉള്ളിലിരിക്കുന്നതോ അഖണ്ഡ വസ്തുവാണ് നീ എപ്പോഴും ഉദാഹരണം തോന്നിയ എന്റെ ഒരു വളരെ അടുത്ത ഒരാള് മദ്രാസില് അടയാർ ബ്രിഡ്ജില് കാറിൽ പോവായിരുന്നു ഒരു ദിവസം രാവിലെ അടയാർ ബ്രിഡ്ജിൽ ഒരുപാട് തിരക്ക് അവിടെയാണ് ഈ അടയാർ നദി സമുദ്രത്തിൽ വന്ന് ചേരുന്ന സ്ഥലമാണ് ബ്രിഡ്ജിൽ കൊറേ ആളുകൾ നിന്ന് എന്തോ നോക്കിക്കൊണ്ടിരിക്കണോ ഇദ്ദേഹം കാർ നിർത്തി ഇറങ്ങി നോക്കി എന്താ നോക്കണതെന്ന് മനസ്സിലായില്ല ചോദിച്ചപ്പോ ആളുകൾ കാണിച്ചു കൊടുത്തു നോക്ക നദി ഇങ്ങനെ ഒഴുകി വന്ന് സമുദ്രത്തിൽ ചേരുന്ന സ്ഥലത്ത് ഇപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒഴുക്കാണ് സമുദ്രമാണ് നദിയുടെ ഉള്ളിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പൊ ആളുകൾ ശ്രദ്ധിക്കണം ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല സുനാമി വന്ന സമയാണ് അത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട് അവിടെ എഫക്ട് ചെയ്യാതിരിക്കാൻ കാരണം ആ നദി അവിടെ ഉള്ളത് നദിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറിപ്പോയി നദീ നദിയുടെ ആകാരം പൂണ്ടുകൊണ്ട് സമുദ്രമായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ നദിയിലെ ജലം നദീജലമല്ല സമുദ്രജലമാണ് പക്ഷെ ആകാരമോ നദിയുടെ ആണ് ആ നദിയുടെ അടുത്ത് നീ ആരാണോ ചോദിച്ചാൽ നദി പറയും ഞാൻ സമുദ്രമാണോ എന്ന് പറയും അറിവില്ലാത്ത ആളെന്ത് പറയും വിശ്വസിക്കില്ല ഏ ഇത് നദി അടയാർ റിവർ അടയാർ നദി പറയാൻ ഞാൻ സമുദ്രമാണോ എന്ന് പറയുകയാണ് സത്യവുമാണ് അതിൽ നദിയില്ല അതിൽ സമുദ്രജലമാണ് വെള്ളം എടുത്തു കുടിച്ചു നോക്കിയാൽ ഉപ്പു രസമായിരിക്കും സമുദ്രജലമാണ് അതേപോലെയാണ് ഒരു അവതാരമോ ചിലപ്പോ അപൂർവമായി ജീവൻ മുക്തന്മാരോ ഒക്കെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെ ഈശ്വരനെ ഉള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോ അവതാരത്തിലും ഭഗവാൻ അവതരിക്കുമ്പോഴുമൊക്കെ ശരീരം സാധാരണ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അഖണ്ഡ വസ്തുവാണ് അതിലൂടെ പ്രവർത്തിക്കണം ആ അഖണ്ഡ വസ്തുവായി തന്നെ മ്യം പ്രാപിച്ചു കൊണ്ടാണ് കൃഷ്ണൻ ഇവിടെ പറയണത് എത്രയോ മുമ്പ് ഞാൻ സൂര്യൻ ഉപദേശിച്ചു സൂര്യന് ഈ ജ്ഞാനം ഉണ്ടായി എത്രയോ മുമ്പ് ഞാൻ ഇന്ന ആൾക്ക് ഉപദേശിച്ചു എന്നൊക്കെ പറയണത് ചിലപ്പോ ചില യോഗികൾ പോലും ചിലപ്പോ അങ്ങനെയൊക്കെ പറയാറുണ്ട് നമുക്ക് ഘടിപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രം അവരുടെ ബുദ്ധിയും നമ്മളുടെ ബുദ്ധിയും കൂടെ ചിലപ്പോ അവരും അങ്ങനെയൊക്കെ പറയും യേശു പറഞ്ഞു അബ്രഹാമിന് ഞാൻ ഉപദേശിച്ചു എന്ന് ബൈബിളൊരിടത്തുണ്ട് അബ്രഹാം ക്രിസ്തുവിന് എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരാളാണ് ക്രിസ്തു ഒരടുത്ത് പറയുന്നു ഞാൻ അബ്രഹാമിന് ഉപദേശിച്ചു അപ്പൊ ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴല്ലേ ജനിച്ചത് അബ്രഹാം എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആളല്ലേ അപ്പോ പറയുന്നു ഞാൻ സത്യമാണ് പറയണത് ട്രൂലി ഐ സേ അൺ ടു യു ബിഫോർ അബ്രഹാം വാസ് അയാം അബ്രഹാമിന് മുമ്പ് ഞാനുണ്ടായിരുന്നു ആ ഞാൻ ഈ ആചാരിയുടെ മകനായിട്ട് ജനിച്ച യേശുക്രിസ്തു എന്നുള്ള ശരീരമല്ല ആ ഏതോ അഖണ്ഡ വസ്തുവുമായി തന്നെ താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് ഞാൻ അപ്പൊ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണത് അതേപോലെയാണ് ഇവിടെ ഭഗവാൻ ഞാൻ വിവസ്വാൻ ഉപദേശിച്ചു എന്ന് പറയുമ്പോ വാസുദേവനായിട്ടാണ് പറയണത് വസുദേവപുത്ര വാസുദേവനല്ല സാക്ഷാത് യജ്ഞരൂപനായ വിഷ്ണുവായിരുന്നു കൊണ്ട് സർവേശ്വരനായി ഇരുന്നു കൊണ്ടാണ് പറയണത് ഞാൻ എതാ വിവസ്വാൻ ഉപദേശിച്ചു വിവസ്വാൻ മനുവിന് പറഞ്ഞു അപ്പൊ അർജുനന് ഒന്നു കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിനർത്ഥം എന്താ അർജുനൻ കംപ്ലീറ്റ് ആയി ട്യൂൺ ആയിട്ടില്ലാന്ന് അർത്ഥം നമ്മളെ പോലെ തന്നെ സത്സംഗത്തിൽ ചിലപ്പോ ട്യൂൺ ആവാതെ നമ്മൾ ചില സംശയങ്ങളൊക്കെ ചോദിക്കും അർജുനനും അതേപോലെ ഇപ്പൊ ചോദിക്കാണ് അടുത്ത ശ്ലോകം നോക്കുക ർവാീയ മാ അപരം ജന്മ പരം ജന്മ വിവസ്വത വിവസ്വാൻ എപ്പോഴോ ജനിച്ചാളം സൂര്യാചന്ദ്രമസൗധാത യഥാപൂർവം അകൽപ്പയത് സൂര്യചന്ദ്രന്മാരൊക്കെ സൃഷ്ടി ആരംഭത്തിൽ ഉണ്ടായവരാണ് അങ്ങ് അടുത്ത കാലത്ത് ഞാൻ ജനിക്കുന്നതിന് കുറച്ചു മാസം മുമ്പ് വസുദേവന്റെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായി ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ശേഷം ജനിച്ച ആളാണ് എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ ഘടിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കഥമേതദ് ത്വമാദ പ്രോക്ത അങ്ങ് ആദികാലത്തിൽ ഉപദേശിച്ചു എന്ന് എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിക്കുമ്പോ ഭഗവാന്റെ ഉത്തരം നോക്കാം ജന്മാനി തവചാർജുന തന്നയഹം വേദ സർവാണി ി ബഹൂനിമേ മതീതാനി അതിക്രാന്താനി ജന്മാനി തവ ചെ അർജുന ഹേ അർജുന തനിക്കും എനിക്കും ഒരുപാട് ജന്മങ്ങൾ കടന്നു പോയിരിക്കുന്നു തനിക്കും എനിക്കും ഒരു വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം എന്നുവച്ചാൽ താനി അഹം വേദ സർവാണി താനീ അഹം വേദ നീഷേ നീ അറിയുന്നില്ല നിനക്കും എനിക്ക് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നിന്റെ ജ്ഞാനം ധർമാധർമാതി പ്രതിബദ്ധാന ധർമ്മം അധർമ്മം നമുക്കൊക്കെ ജ്ഞാനികളാണ് നമ്മളൊക്കെ ജ്ഞാനം നമ്മളുടെ ആത്മാവിന്റെ സ്വരൂപമാണ് പക്ഷേ നമ്മൾ എത്രയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യം പാപം പുണ്യത്തിന്റെ എഫക്ട് സുഖങ്ങളുടെ രൂപത്തിലും പാപത്തിന്റെ ഇഫക്റ്റ് ദുഃഖത്തിന്റെ രൂപത്തിലും പുണ്യത്തിന്റെ സീഡ് നമ്മളുടെ ഉള്ളിൽ സ്നേഹമായിട്ടും നല്ലത് ചെയ്യാനുള്ള വാസനയായിട്ടും പൂർവജന്മത്തിലെ പാപത്തിന്റെ സീഡ് നമ്മളുടെ ഉള്ളില് വെറുപ്പായിട്ടും വിദ്വേഷമായിട്ടും ഡിസ്റ്റർബൻസ് ആയിട്ടും ഡിപ്രഷനായിട്ടും ഒക്കെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ഇതിനൊക്കെ വികല്പം പേര് ഈ വികല്പം നമ്മളുടെ ശുദ്ധ ബോധത്തിന് മറച്ചുകൊണ്ടേയിരിക്കണം നമ്മളുടെ റിയൽ അവേർനെസ്സിനെ അത് സദാ ഇന്റർപ്രിട്ടേഷൻ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് കളറിങ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതാണ് ധർമാധർമാതി പ്രതിബദ്ധ ജ്ഞാനം എന്ന് ആചാര്യസ്വാമികൾ ഭാഷയത്തിൽ പറയണ ധർമ്മവും അധർമ്മവും ജ്ഞാനത്തിനെ മറച്ചിരിക്കുകയാണ് ബാധിച്ചിരിക്കുകയാണ് ജ്ഞാനത്തിനെ ബാധിച്ച ധർമാധർമ്മങ്ങൾ കൊണ്ട് നമ്മളുടെ ജ്ഞാനം പ്രബലമാവുന്നില്ല അപ്പൊ ജ്ഞാനശക്തി പ്രതിബദ്ധമായിരിക്കുന്നത് കൊണ്ട് നനക്കറിയുന്നില്ല അഹം പുനഃ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവത്വാ അനാവരണജ്ഞാന ശക്തിഹി ഭഗവാൻ ആരാണ് നിത്യബുദ്ധമുക്ത സ്വഭാവത്വാക് നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവനായതുകൊണ്ട് അനാവരണജ്ഞാനശക്തിഹി ഗൗഢപാദാചാര്യർ ജ്ഞാനികളെ അനാവരണ ദൃഷ്ടികൾ എന്നാണ് പറയണത് ആവരണം നീങ്ങിയ ദൃഷ്ടിയുള്ളവരാണ് ജ്ഞാനികൾ നമുക്കൊക്കെ ആവരണമുണ്ട് ആവരണം എന്ന് വച്ചാൽ ഒരു മറവ് ആ മറവാണ് സത്യത്തിനെ കാണാൻ സമ്മതിക്കാത്തത് ആ മറവാണ് നമ്മളൊക്കെ സുഖമായി ഉറങ്ങുമ്പോ സുഖമൊക്കെ ഉണ്ടായിരുന്നിട്ടും ദുഃഖമില്ലാതിരുന്നിട്ടും അറിവുണ്ടാവണില്ല ആത്മജ്ഞാനം ഉണ്ടാവണില്ല എന്തോ ഒരു മറയുണ്ട് സുഷുപ്തിയിൽ നമ്മൾ വളരെ അടുത്തു പോകുന്നു ദുഃഖമില്ല സുഖമുണ്ട് പക്ഷെ അത് ജാഗ്രതത്തിൽ വരുമ്പോ പോവുകയും ചെയ്യുന്നു അവിടെ എന്താ സത്യം എന്ന് മനസ്സിലാവണമില്ല അനുഭൂതി വരണമില്ല പൂർണ്ണമാവണമില്ല അതിനു പേരാണ് ആവരണ ആ ആവരണത്തിന്റെ കൂടെ സ്വപ്നത്തിലും ജാഗ്രതത്തിലും വിക്ഷേപം കൂടെ വരുന്നു സത്യം അറിയണില്ല എന്ന് മാത്രമല്ല അസത്യമറിയുകയും ചെയ്യുന്നു സത്യം അറിയാത്തത് ദുഃഖം അസത്യം അറിയുന്നത് ദുഃഖം കയറ് കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പാമ്പ് കാണുമ്പോഴാണ് കുഴപ്പം ഇരുട്ടത്ത് കയറ് കണ്ടിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ചവിട്ടിക്കൊണ്ട് പോകും പക്ഷെ കയറിനെ പാമ്പായിട്ട് പടവെടുത്ത് നിൽക്കുന്നതായിട്ടൊക്കെ തോന്നിയാൽ കുഴപ്പമാണ് അതേപോലെ ബ്രഹ്മത്തിനെ അറിഞ്ഞിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല ലോകത്തിനെ അറിയുമ്പോഴാണോ കുഴപ്പം ശരീരത്തിനെ അറിയുമ്പോഴാണോ കുഴപ്പം അതാണ് ആവരണവും വിക്ഷേപവും നമുക്ക് ആവരണം ഉള്ളത് കൊണ്ട് വിക്ഷേപം ഉണ്ടാവുന്നതുകൊണ്ടും സത്യം നമുക്ക് സദാ പ്രകാശിക്കണില്ല ഭഗവാനും അവ അവതാരപുരുഷനായ ഭഗവാനും ജ്ഞാനികളും അനാവരണ ദൃഷ്ടികളായതുകൊണ്ട് അവർക്ക് സത്യം പരിപൂർണമായി വിവൃത്തമാണ് തുറന്ന് നിൽക്കുകയാണ് അവർക്ക് സത്യത്തിൽ യാതൊരു വിധത്തിലുള്ള വകല്പവും അവർക്കുണ്ടാവണില്ല യോഗികളായി ചിലർക്കും പൂർവ്വജന്മജ്ഞാനമൊക്കെ ഉണ്ടാവും ഇവിടെ ഒരു കാര്യം ക്ലാരിഫിക്കേഷൻ അതാണ് യോഗികൾ ചിലർക്കൊക്കെ ജാതിസ്മാരംന്ന് പറയും അപരിഗ്രഹപ്രതിഷ്ഠായ ജാതിസ്മാരത്വം എന്ന് പതഞ്ജലി മഹർഷി പറയുന്നത് നമ്മള് നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ പതുക്കെ പതുക്കെ പതുക്കെ നമ്മളുടേതല്ലാത്ത ഒരു വസ്തു നമ്മൾ സ്വീകരിക്കണില്ല വേണ്ടാത്തതൊക്കെ ഉപേക്ഷിച്ച് കളയുന്നു ഒന്നും നമ്മളുടെ മേലെ ഹെവി വെയ്റ്റ് ഉണ്ടാക്കണില്ല ഈ ജന്മത്തിൽ എന്തെന്ത് അനുഭവിച്ചു തീർക്കണോ അതൊക്കെ അനുഭവിച്ചു തീർക്കുകയും പുതിയ അനുഭവങ്ങൾ നമ്മളായിട്ട് തുടങ്ങി വെക്കാതെയും ഒക്കെ ചെയ്താൽ പതുക്കെ പതുക്കെ നമ്മളുടെ ഉള്ളിലുള്ള പരിഗ്രഹങ്ങളൊക്കെ വിട്ടുപോവുകയും പൂർവ്വജന്മസ്മൃതി ഉണ്ടാവുകയും ചെയ്യുമെന്ന് യോഗസൂത്രമാണ് സയൻസാണ് അപ്പൊ നമുക്ക് കുറെ ജന്മങ്ങൾ അനാവൃതമാവും നമ്മളുടെ പുറകിൽ പക്ഷെ ആ ജന്മങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല അതൊന്നും മനസ്സുകൊണ്ടല്ല അറിയുന്നത് അതൊക്കെ മനസ്സില്ലാതെ തന്നെ അറിയും ദൃശ്യപ്രപഞ്ചം കാണുന്ന പോലെ യാതൊരു വിധത്തിലും വിഷമമില്ലാതെ യോഗികൾ പലരും കാണും പക്ഷെ അങ്ങനെ അറിയുന്ന കാര്യമല്ല ഇവിടെ ഭഗവാൻ പറയണത് സ്വയം ചിത്തായി ഇരുന്നു ആ ചിത്തിൽ നടക്കുന്ന സർവത്തിനെയും എനിക്ക് കാണാം എപ്പ എന്തു വേണോ അതൊക്കെ കാണാം േ സർവാണി അതാണ് ഈശ്വരത്വത്തിനെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ ഏതേത് കാലത്ത് ഉണ്ടായിട്ടുണ്ടോ അതാത് കാലത്ത് നടന്ന സകല വസ്തുക്കളും ഇവിടെ ഇപ്പൊ കാണാൻ കഴിയും എന്നാണ് നത്വം വേത്തപരന്തവാ നിനക്കറിയില്ല അർജുന അതാണ് നിനക്കും എനിക്കും വ്യത്യാസം ആ ഈശ്വരത്വം നമുക്ക് കൺസീവ് ചെയ്യാ പോലും പറ്റില്ല ഓൾ പക്ഷെ അതില് ഹെവി വെയിറ്റ് ഒന്നുമില്ല ആ അറിയുന്നതിന്റെ ഒരു വെയിറ്റ് ഒന്നുമില്ല നമുക്ക് നാല് പുസ്തകം പഠിച്ചാൽ തന്നെ തല പോകയും അല്ലേ അപ്പൊ അത് ബുദ്ധി കൊണ്ടുള്ള അറിവല്ല ഈശ്വരത്വം ആണ് ആ ഈശ്വരത്വത്തിൽ സർവവും വിവൃതമാണ് നിനക്കത് അറിയില്ല അതാണ് നിനക്കും എനിക്കുള്ള വ്യത്യാസം ജ്ഞാനികൾ അറിയുന്നത് വേറെ വിധത്തിലാണ് ജ്ഞാനികൾ ഈ പൂർവ്വജന്മത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല ജ്ഞാനികൾക്ക് ഈ ജന്മമേ സത്യമല്ലാതിരിക്കുമ്പോൾ അജോബിസൻ അവ്യയാത്മ അവർക്ക് പൂർവ്വജന്മം എന്തിനു നോക്കണം ഒരു ജന്മവും അവർക്ക് പ്രശ്നമല്ല അവർ ജനനവും മരണവും ഇല്ലാത്ത സത്യത്തിനെ സദാ അനുഭവിക്കുന്നത് കൊണ്ട് പൂർവ്വജന്മജ്ഞാനമൊന്നും അവരാഗ്രഹിക്കില്ല അതിനൊന്നും അവർ പ്രാമുഖ്യവും കൊടുക്കില്ല ഈ ജന്മമേ അവർക്ക് ഉണ്മയല്ലാതായി പോകുമ്പോൾ പൂർവ്വജന്മത്തിന് കാര്യമില്ല പക്ഷെ വേണമെങ്കിൽ ആ യോഗശക്തി ഉണ്ടാവുകയും ചെയ്യും ീശ്വരന് അവതാര കാലത്തിൽ ഈ ശക്തി പ്രബലമായിരിക്കുന്നത് കൊണ്ടാണ് തൻ്റെ അടുത്ത് വരുന്നവരുടെയൊക്കെ ജന്മജന്മാന്തരങ്ങളെ അറിഞ്ഞുകൊണ്ട് തന്നിലേക്ക് വലിക്കുന്നത് അവരുടെ ഓരോ കാര്യങ്ങളും താൻ അറിഞ്ഞുകൊണ്ട് തന്നിലേക്ക് ആകർഷിക്കുന്നത് അങ്ങനെ ഭഗവാന്റെ ഈശ്വരത്വത്തിനെ ഭഗവാനോട് അനാവരണജ്ഞാന ശക്തി എന്ന് പറഞ്ഞു അപ്പൊ അടുത്ത ശ്ലോകം നോക്കാം അപ്പൊ അങ്ങ് പൂർവ്വജന്മം എത്രയോ ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങക്കും ജനനവും മരണവും ഒക്കെ ഉണ്ടോ അങ് എന്തിനാ ജന്മം എടുത്തത് അതാണ് അടുത്ത ശ്ലോകം അജോന്നയാത്മാ ഭൂതാം ഈശ്വരോ സകൃതി സ്വാമധിഷ്ടംഭവാമി ആത്മ ജന്മം ഇല്ലാത്തത് ജ എന്ന ധാതു അതെന്നാണ് ജനിക്കുക ജനം ജർമിനേറ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കുക എന്നാണ് വരുന്നത് ജനറേറ്റർ അജോബിസൻ ഞാൻ ജനനമില്ലാത്തവനാണെങ്കിലും അവ്യയാത്മാ വ്യയമില്ലാത്തവനാണെങ്കിലും അക്ഷീണ ജ്ഞാനശക്തി സ്വഭാവ ആചാര്യസ്വാമികളുടെ വാക്കാണ് അക്ഷീണ ജ്ഞാനശക്തി സ്വഭാവ സാധാരണ ആളുകളുടെ ജ്ഞാനശക്തി ക്ഷീണിക്കും കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലെ ഇത്ര വലിയ ബുദ്ധിയുള്ള ആളാണെങ്കിലും എത്ര കണ്ട് ബുദ്ധി ഉപയോഗിക്കണോ അത്ര കണ്ട് ബുദ്ധി ക്ഷീണിക്കും ഒരിടത്ത് ബുദ്ധിയൊക്കെ വിൽക്കാൻ വെച്ചിരുന്നു ഒരു കടയില് സ്റ്റോറിയാണ് അപ്പൊ ഒരാൾ വാങ്ങിക്കാൻ പോയി ബുദ്ധി വാങ്ങിക്കാൻ പോയി ചിലർക്കൊക്കെ വാങ്ങിച്ചിട്ട് വേണം അത് അപ്പൊ ചോദിച്ചു ഒരു ബ്രെയിൻ എന്താ വല അപ്പൊ ഇത് ഇരുപത്തിയഞ്ചു റുപ്യ ഇത് ആരുടെ ബ്രെയിൻ ആണ് ഇതൊരു മാത്തമാറ്റീഷ്യന്റെ ബ്രെയിൻ വേറെ ഒരാളുടെ ബ്രെയിൻ എത്രയാണെന്ന് വെച്ചാൽ അതും ഇരുപത്തിയഞ്ചു റുപ്യ മുപ്പത് റുപ്യ അതൊരു വലിയ ശാസ്ത്രജ്ഞന്റെ ബുദ്ധിയാണ് പിന്നെ കൊറേ കഴിഞ്ഞിങ്ങനെ വന്നു പഞ്ചായത്ത് ഓഫീസർ പ്യൂണ് ഇങ്ങനെ ഓരോരുത്തരുടെ ബുദ്ധിയായി വരും വില കൂടിക്കൊണ്ടേ വരണം അവസാനം ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ബുദ്ധി അതിന് എത്രയോ ലക്ഷം റുപ്യ വില അപ്പൊ അദ്ദേഹം കാര്യമായി സംശയം ചോദിച്ചു ഇത് എന്താ സാൻ ഈ സയന്റിസ്റ്റിന്റെ ബുദ്ധി കണ മാത്തമാറ്റീഷ്യന്റെ ബുദ്ധിയൊക്കെ ഇരുപത്തി അഞ്ച് മുപ്പത് ഉറുപ്യ പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തകന്റെ ബുദ്ധിക്ക് ലക്ഷം അത് ഉപയോഗിച്ചിട്ടേ ഇല്ലാന്ന് ഫ്രഷാണ് ഫ്രഷാണ് എടുത്തു വെക്കാം അപ്പോ ബുദ്ധി വേണമെങ്കിൽ വാങ്ങി വെക്കാം നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കും തോറും തളർന്നു പോവും വലിയ വലിയ ആളുകൾക്ക് പോലും ബുദ്ധിമാന്മാരായിട്ടുള്ളവര് ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹം എത്ര വലിയ മഹാമേധയാണ് ഭാരതം കണ്ട വലിയ ബുദ്ധിശാലിയാണ് അവസാനം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പേര് പോലും ഓർമ്മയില്ലേ ബുദ്ധിക്ക് സ്ഥിരതയൊക്കെ പോയി പേരു പോലും ഓർമ്മയില്ല അത്രയുള്ളൂ ഈ ബുദ്ധിയൊക്കെ അതെപ്പോ അതിന്റെ സ്വഭാവം മാറുമെന്ന് പറയാൻ പറ്റ പക്ഷെ ഭഗവാൻ പറയുന്ന ജ്ഞാനം ബുദ്ധിയിൽ നിന്ന് വരണതല്ല അത് അക്ഷീണജ്ഞാന ശക്തിയാണ് ആ സോഴ്സിനെ നമ്മൾ നമ്മളുടെ ഉള്ളിലും സമ്പർ പുലർത്തിയാൽ ആ ജ്ഞാനം രാമകൃഷ്ണദേവൻ പറയും വലിയ യജമാനന്റെ വീട്ടില് നെല്ലളന്നു കൊടുക്കും അത്രേ നെല്ല് അളന്ന് കൊടുക്കുമ്പോ ഇതുപോലെ ഒരു ചുമര ഈ ചുമരനിലൊരു ദ്വാരം ഉണ്ടാക്കിട്ടുണ്ടാവും എന്നിട്ട് അവിടെ ഒരു പലകിട്ട് അടച്ചിട്ടുണ്ടാവും എന്നിട്ട് ആളുകൾ വരി വരിയായിട്ട് വരും വരുമ്പോ തുറക്കും തുറന്നു കഴിഞ്ഞാൽ നെല്ല് വീഴും പിന്നെ അടക്കും തുറന്നുകഴിഞ്ഞാൽ നെല്ല് വീഴും ആ നെല്ല് എവിടുന്ന പറയണ പുറകെ വലിയൊരു ഭണ്ഡാരം ഉണ്ടായി അവിടുന്ന് ഇങ്ങനെ തള്ളിക്കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അവിടെ കുറേ തോറും ആ ഭണ്ഡാരം നിറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെയാണ് ജ്ഞാനികളുടെ ജ്ഞാനവും പഠിച്ചുണ്ടാക്കുന്ന ജ്ഞാനമെല്ലാം പഠിച്ചുണ്ടാക്കുന്ന ജ്ഞാനമല്ല അക്ഷീണജ്ഞാന ശക്തി അത് ഈശ്വരന്റെ ജ്ഞാനമാണ് അക്ഷീണജ്ഞാന ശക്തി സ്വഭാവത്തോടു കൂടിയ ഭഗവാൻ അജഹാ ജനനമില്ലാത്തവനാണ് ഒരിക്കലും ജനനമില്ല ഭാഗവതത്തിൽ കൃഷ്ണാവതാര സന്ദർഭത്തിൽ പറയുന്നു നെ അജനസ്യേഷണം വിനാവിനോദം തർക്കയാമഹേ അഭവനായ ഭവിക്കാത്ത അങ്ങ് ഭവിക്കുന്നത് വെറുതെ ഒരു കളിയാണെന്നാണ് ക്രീഡയാണ് അജനനാണ് ജനനമില്ലാത്തവനാണ് ജായവാനേ അജനേ തസ്മിന് നേ ദുർദന്തുബയോ ദേവി കൃഷ്ണൻ അവതരിക്കുമ്പോൾ അജനനായിട്ടുള്ളവനാണ് ജനിക്കുന്നത് ജനനമില്ലാത്തവൻ മറ്റുള്ളവരുടെ ജനനവും ഇല്ലാതാക്കുന്നവനാണ് ജനാർദ്ദനാണവൻ അപ്പോ ജായമാനെ അജനേ അപ്പോ അജോപിസൻ അവ്യയാത്മ അക്ഷീണ ജ്ഞാനശക്തി സ്വഭാവനായിരിക്കുന്നു ഒരിക്കലും ആ ജ്ഞാനത്തിന് കോട്ടമേ ഇല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയും എല്ലാ കാര്യവും എല്ലാ ക്ഷണത്തിലും എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം എങ്ങനെ എല്ലാവരുടെയും അന്തർയാമിയായിരുന്നു കൊണ്ട് അതുകൊണ്ട് ഭഗവാന്റെ കണ്ണു വെട്ടിക്കാൻ മാത്രം പറ്റില്ല കണ്ടുകൊണ്ടേയിരിക്കണോ എന്നർത്ഥം ഓരോ മൊമെന്റിലുള്ള കണക്കും അവിടെ നമ്മളുടെ എല്ലാ കർമ്മങ്ങളുടെയും കണക്കവിടെ ഉണ്ടാവും പൂർവ്വജന്മത്തിന്റെ ജ്ഞാനം ഒന്നും നമുക്ക് വരാതിരിക്കണത് നല്ലത് വന്നുകഴിഞ്ഞാൽ ചിലപ്പോ എത്രയോ ആയിരം വർഷം മുമ്പുള്ള ഏതോ ഒരു ജന്മവുമായിട്ട് നമുക്കിപ്പോ കണക്ഷൻ ഉണ്ടാവും ബന്ധം ഉണ്ടാവും നമ്മളൊക്കെ അങ്ങനെയൊക്കെ ഓരോ ജന്മത്തിൽ കണക്ടഡ് ആയിരിക്കും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കലും വാങ്ങലുമൊക്കെ നടത്തിണ്ടാവും ആ ബന്ധമൊന്നും നമുക്കിപ്പോ ഘടിച്ചിട്ട് അറിയല പക്ഷെ അതൊക്കെ കണക്ക് അറിയുന്ന ആ ശക്തി ഉണ്ട് ആ ശക്തിയായിട്ടാണ് ഭഗവാൻ ഇവിടെ പറയണത് ഞാൻ ജനനമില്ലാത്തവനും ഭൂതാനാം ഈശ്വരോ പിസൻ സകല പ്രാണികൾക്കും ഭൂതാത്മാവുമായതുകൊണ്ട് കൊണ്ടും പ്രകൃതിം സ്വാമധിഷ്ഠായ എന്റെ പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട് പ്രകൃതിം സ്വാം വൈഷ്ണവീം മായാം ത്രിഗുണാത്മികം യാ വശേ സർവം ജഗത് വർത്തതേ യാ മോഹിതം ജഗത് സത് സ്വം ആത്മാനം വാസുദേവം ന ജാനാതി ഏതൊരു മായ കൊണ്ട് മോഹിച്ചിട്ട് ആത്മാവിനെ നമ്മൾ അറിയുന്നില്ലയോ ഏതൊരു മായ നമ്മളെയൊക്കെ ശരീരമായിട്ടും മനസ്സായിട്ടും സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ലോകമായിട്ടും ഒക്കെ മോഹിപ്പിച്ചു നിർത്തിയിരിക്കുന്നു ആ മായയുടെ മാജിക് ഷോവിന്റെ ഉള്ളിലാണ് നമ്മൾ ഭഗവാനോ ആ മാജിക് ഷോവിനെ തന്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് അവതരിക്കണത് അതാണ് വ്യത്യാസം നമ്മള് മാജിക് ഷോവിന്റെ ഉള്ളിലാണ് മെജീഷ്യൻ മാജിക് കാണിക്കുമ്പോ നമ്മളൊക്കെ അതിന്റെ ഉള്ളിലാണ് അയാൾ കാണിക്കണതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മള് അല്ലേ മാജിക്ക് കാണിക്കുമ്പോ മാജിക്കിൽ എന്ത് കാണിച്ചാലും നമ്മൾ കാണും ഇപ്പൊ പകലാണെന്ന് പറഞ്ഞാൽ പകല് കാണും ദേവലോകം കാണിച്ച ദേവലോകം കാണും ആനയെ കാണിച്ചാൽ ആനയെ കാണും പക്ഷെ മെജീഷ്യൻ അതൊന്നും കാണുന്നില്ല അയാൾക്ക് മാജിക് അയാളുടെ ഫുൾ കൺട്രോളിലാണ് അയാൾക്ക് എപ്പോ വേണമെങ്കിൽ നിർത്താം നമുക്ക് പറ്റില്ല നമ്മൾ ആ മാജിക്കിന്റെ ഉള്ളിൽ പെട്ടിട്ടാണ് ഇരിക്കണത് ആ ഇന്ദ്രജാലത്തിനുള്ളിൽ പെട്ടിട്ടാണ് ഇരിക്കുന്നത് സിനിമയൊക്കെ കാണിക്കുമ്പോ സിനിമാക്കാർക്ക് വരുന്ന നാടകമാണത് കാണുന്ന ആളുകളോ അതൊക്കെ വാസ്തവമാണെന്ന് ധരിച്ച് കണ്ടാൽ എങ്ങനെയുണ്ടാവും അപ്പൊ അതാണോ കുഴപ്പമേ സീരിയലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കുറെ കാലം കഴിയുമ്പോ അതിലൊരു പാർട്ടും പാർസലുമായിട്ട് മാറുകയാണ് നമ്മ ആളുകൾ അതൊക്കെ കച്ചവടവും നമുക്ക് കാര്യം കുഴപ്പത്തിലോ ആവുകയാണ് അപ്പൊ അപ്പൊ ഭഗവാൻ പറഞ്ഞ ആ വൈഷ്ണവിയുമായ ഒരു നടൻ നാടകത്തിൽ അഭിമന്യു അഭിനയിക്കുന്ന പോലെ ആ വൈഷ്ണവിയുമായെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ജനിച്ച പോലെ തോന്നുകയാണ് എന്നാണ് എന്നുവെച്ചാൽ ജനിച്ചു എന്നല്ല ജനിച്ച പോലെ തോന്നുകയാണ് വശീകൃത്യ സംഭവാമി ദേഹവാൻ ഇവ ഭവാമി ജാത ഇവ ആത്മമായയാ ആത്മനഹമായയാർ ലോകവത്ത് സാധാരണ ലോകം പോലെ പാരമാർത്ഥികമായി ഞാൻ ജനിക്കണില്ല ജനിച്ച പോലെ എല്ലാവരെയും വന്ന പോലെയും ലോകത്തിൽ എന്തൊക്കെയോ ചെയ്ത പോലെയോ ഒക്കെ തോന്നുകയാണ് ബട്ട് നവർ ഐ ദർട്ട് ഓഫ് ദ വേൾഡ് ലോകത്തിലെ ഒരു ബന്ധവും എനിക്കില്ല ഭാഗവതത്തിൽ ഉദ്ധവര് പറയണത് കൃഷ്ണൻ വന്ന് യാദവരുടെ നടുക്കിരിക്കുകയും കളിക്കുകയും യാദവരെ തൻ യാദവരെ തന്റെ കൂടെ കൊണ്ട് നടക്കുകയും അവരെ മഥുരാപുരിയിൽ നിന്നും ദ്വാരകയിലേക്ക് കൊണ്ടുപോവുകയും ദ്വാരകയിൽ കോട്ട നിർമ്മിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് യാദവരൊന്നും കൃഷ്ണനെ ഗണിച്ചതേ ഇല്ലായെന്നാണ് അപ്പൊ ഉദ്ധവര് യാദവരുടെ അടുത്തൊക്കെ പോയി ചോദിച്ചാൽ ഭഗവാൻ ഭഗവാനല്ലേ ചോദിച്ചാൽ ഏ അപ്പ അറിയില്ല ഇന്നലെ ജനിച്ച കുട്ടി ദേവകിയുടെ എട്ടാമത്തെ ചക്കൻ അവൻ കാണിച്ചു പറയാൻ കൊള്ളില്ലാ പുറത്ത് എന്നൊക്കെ യാദവുമാര് പരസ്പരം പറഞ്ഞുകൊണ്ട് നടക്കും അല്ലെ പിന്നെന്താ നമ്മളുടെ ആളല്ലേ പോട്ടെ എന്നുള്ള മട്ടില് ഹരിമീനായിവോടുപ്പം ഉദ്ധവർ പറയണത് മത്സ്യങ്ങളൊക്കെ തടാകത്തില് ഒരു ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രൻ പ്രതിബിംബിച്ചപ്പോ ഈ മത്സ്യങ്ങളൊക്കെ വിചാരിച്ചു അത്ര നമ്മളുടെ നടുവിലുള്ള ഒരു മീനല്ലേന്ന് അതിന് കുറച്ച് കളർ ഉണ്ടായിട്ട് എന്താ കാര്യം നമ്മളെ പോലെ തന്നെ നോക്ക വെള്ളത്തിൽ തന്നെ നമ്മളെ പോലെ തന്നെ അത് കുറച്ച് മിന്നണും അത്രേ ഉള്ളൂ നമ്മളെ പോലെ ഒരു മീന് തന്നെ അതും എന്ന് യാദവന്മാരെ അഭിമാനിച്ചു വെറുതെ തെറ്റിദ്ധരിച്ചു എന്നാണ് അപ്പൊ ഭഗവാൻ വാസ്തവത്തിൽ എല്ലാവരുടെ കൂടെയും ഇരിക്കുകയും എല്ലാത്തിന്റെ നടുവിൽ പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒന്നിന്റെയും ഒരു ഭാഗമല്ലാതെ ഒന്നിനോടും പെട്ടുപോവാതെ സമ്പർക്കമില്ലാതെ ഇരിക്കാൻ ഇരിക്കുന്നതാണ് ഭഗവാന്റെ ആ ഈശ്വരത്വം വാസ്തവത്തിൽ ഇല്ല എന്നാൽ ഉണ്ട് പോലെ തോന്നുന്നു ഞാൻ ജീവൻ മുക്തന്മാരുടെ സ്ഥിതി പോലും ജീവൻമുക്തന്മാരുടെ സ്ഥിതിയിലും ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലും പറയണത് അവർക്ക് ശരീരമേ ഇല്ല എന്നാണ് പക്ഷെ ബാക്കിയുള്ളവർ അവരുടെ ശരീരം കാണുകയും ജ്ഞാനികളുടെ ശരീരം ആ ശരീരത്തിന് സമ്പർക്കപ്പെട്ടവർക്ക് ഒരു മായയായിട്ട് തീരും അവർ ആ ശരീരം കാണുകയും ആ ശരീരത്തിന് വ്യാധി വരുന്നതായിട്ട് കാണുകയും ആ ശരീരം ചിലപ്പോൾ പ്രാകൃതമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുകയും ഒക്കെ ചെയ്ത് മോഹിച്ചിട്ട് അവരുടെ ഉള്ളിലുള്ള സത്തേ മറന്നുപോകും അവരെ സംബന്ധിച്ച് അവർക്ക് ശരീരമേ ഇല്ലാതാണ് അ ശരീരം വാവസന്തം എന്ന പ്രിയാപ്രിയെ സ്പൃശത ആ ശരീരത്തിൽ പെട്ടുപോ പോയിട്ട് ചിലർ അതിൽ രാഗം വെക്കും ചിലർ ദ്വേഷം വെക്കും വിദ്യാരണ്യസ്വാമികൾ പറയുന്നത് ശരീരത്തിന് സ്വയം വിട്ട ജ്ഞാനി ആ ജ്ഞാനിയുടെ ശരീരത്തിനോട് ആര് രാഗം വെക്കുന്നുവോ അവർക്ക് അതിന്റെ പുണ്യഫലമൊക്കെ കിട്ടും അനുഗ്രഹമൊക്കെ കിട്ടും വേണ്ട സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കിട്ടും അതിനെ വെറുക്കുന്നവർക്ക് കുറെ ദോഷവും പാപങ്ങളും പല വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും ഇത് ശരിയല്ല ഇത് രണ്ട് ആ വിഭ്രമത്തിന് വെച്ചുകൊണ്ടുള്ള ഏർപ്പാടുകളാണ് പക്ഷെ വാസ്തവം വേണമെന്നുള്ളവർക്ക് ആ ശരീരത്തിനോട് സമ്പർക്കമില്ലാത്ത വസ്തുവിനോട് സമ്പർക്കം വെച്ചാലേ കിട്ടുകയുള്ളൂ ആ വസ്തുവാണ് ഇവിടെ ഭഗവാൻ ഞാൻ എന്ന് പറയുന്നത് ഞാൻ അവ്യയാത്മാവായിരുന്നിട്ടും ഭൂതങ്ങൾക്കൊക്കെ ഈശ്വരനായിരുന്നിട്ടും മായയെ വശീകരിച്ചുകൊണ്ട് ഞാൻ അവതരിക്കുന്നു അതാണ് കൃഷ്ണാവതാരത്തിന് മുമ്പ് യോഗമായി അവതരിക്കുന്നത് യോഗമായെ ഭഗവാൻ പറഞ്ഞിട്ടാണ് പുറകെ വരുന്നത് യോഗമായ കംസന്റെ കയ്യിൽ വരികയും അപ്പുറം പിന്നീട് അവിടുന്ന് തിരോധാനം ചെയ്ത് അവിടെ എവിടെയായിട്ട് ചെന്നിരുന്നു അത്രേ ബഹുനാമൻ ബഹുനാമാ ബഹു വഹ പല സ്ഥലങ്ങളിലും പോയി ഭഗവാനെ സഹായിക്കാനായിട്ട് അവിടെ എവിടെയായിട്ട് കുടിയിരുന്നു എന്നാണ് ഈ യോഗമായ ആ യോഗമായെ കൈവശപ്പെടുത്തിക്കൊണ്ട് യോഗമായ എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത് ഭഗവാനെല്ലാം അധ്യാത്മരാമായണത്തിൽ സീതാദേവി ആഞ്ജനേയസ്വാമിക്ക് ഉപദേശിക്കുന്നുണ്ട് അങ്ങനെയാണ് അധ്യാത്മരാമായണം ആരംഭിക്കുന്നത് എല്ലാ കർമ്മങ്ങളും ഞാനാണ് ചെയ്യുന്നത് രാമൻ ഒന്നും ചെയ്തില്ല നിഷ്ക്രിയനും നിരഞ്ജനും നിർഗുണനും കർമ്മരഹിതനുമായ ആത്മൻ ആത്മാവായ രാമൻ അയോധ്യയിൽ ജനിച്ചുവെന്നും ദശരഥപുത്രനായി ജനിച്ചുവെന്നും എന്നെ സീതയെ പരിണയിച്ചുവെന്നും കാട്ടിലേക്ക് പോയി എന്നും രാവണപഥം മുതലായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുവെന്നും അറിവില്ലാത്ത മഠയന്മാര് പറയണതാണെന്നാണ് ഒക്കെ ഞാനാണ് ചെയ്തത് എന്നാണ് സീത ഭരണം രാമൻ ഒന്നും ചെയ്തില്ല രാമൻ സാക്ഷിയാണ് നിർഗുണമാണ് നിത്യവസ്തുവാണ് സംബന്ധരഹിതമായ വസ്തുവാണെന്ന് അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് ഇതറിഞ്ഞാലേ ഭഗവത് തത്വം അറിയുള്ളൂ നമ്മൾ ഈ തത്വത്തിനെയാണ് ഭഗവാൻ പറയണത് ഞാൻ യാതൊന്നും സമ്പർക്കമില്ലാതെ മായയെ വശീകരിച്ചുകൊണ്ട് സംഭവിച്ചവനെ പോലെയും അവതരിച്ചവനെ പോലെയും ലോകകർമ്മങ്ങൾ ചെയ്തവനെ പോലെയും തോന്നുന്നു അതിന് അവതാരം ആ അവതാര സിദ്ധാന്തത്തിനെയാണ് ഭഗവാൻ പറയുന്നത് എന്തിനാണ് ഈ ഇന്ദ്രജാല പ്രകടനം അവതാരം എന്നുള്ള ഇന്ദ്രജാല പ്രകടനം എന്തിനാണ് എന്നുള്ളതാണ് ഇനി മേലാൽ പറയുന്നത് പ്രസിദ്ധമായ ശ്ലോകങ്ങള് അത് നമ്മൾ നാളെ കാണാം ഫാലവനം കിരീടം ഫാലനേത്രാദഗ്ധ പഞ്ചേ കീട്ടം ശൂലാഹതൂട്ടം ക്േന്ദുചൂടം ഭജേ മാർബന്ധു ശംഭോ മഹാദേവേവാംഭോ മഹാദ ശംഭോ അംഗേ വിരാജദ് ഭുജംഗം ോത്തമാടീകുരംഗം സിദ്ധസംസേവിതം ഭജേ മാർഗന്ധു ശംഭോ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ നിിദം നിഹതാശേഷൈരി പ്രപം കാർത്താഗേന്ദ്രാപം കൃത്വാസം ഭജേ ദിവസന്മാർഗന്ധു ശംഭോ മഹാദേവേവാ ശിവംഭോ മഹാദേവദ ശംഭോ ശംഭോ മഹാദേവദർപ്പനീശം ഠം മഹേശം മഹാവ്യോമകേശം കുന്ശം കോട്ടിസൂര്യ പ്രകാശ മാർഗന്ധു ശംഭോ മഹാദേവേവാ ശിവംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവാ മൂതേരുദാരം േന്ദ്രസാരം മഹാശൌര്യൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധം ശംഭോ മഹാദേവേവാ ശിവംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവാേപി സുഖിന് സന്തു േ സന്തു നിരാമയാേ ഭദ്രാ പശ്യൻ മാ കിത് ദുഃഖഭമാത്മാവസി മേ തച്യം മമചിസ്തിയേഷ്ടുരുമാത്മനഥമണ ഭ